പറയുക വേദക്കാരേ, വിശ്വസിച്ചവരെ നിങ്ങൾ എന്തിനാണ് അള്ളാഹു സുബാനുഹു വായാലായ മാർഗ്ഗത്തിൽ നിന്ന് തടയുന്നത് നിങ്ങൾ അതിലൊരു വളവ് തേടുകയാണോ നിങ്ങൾ തന്നെ സാക്ഷികളായിരിക്കെ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അള്ളാഹു സുബാനുഹു വച്ചാല ഓഫിലല്ല